अधम തധാരം ഉച യൻവണമ आचमेदी प्रथमदी नवनमिति दद अचमेदी प्रथमदी नवनमिति अपिप्रसे यत अधर्मो उपसिदथायिति तद् तथा चकाला तस्स्य समर्थते ൂയേ മാ ഭഗവാൻ വിജ്ഞാപയ ക്ഷോം <small> ഇച്ഛസി <III98 and 181> സമാനം പറയാണ് സത്താണോ ഉപദേശം എന്താണ് തത്ത്വസി സദാത്മീകത്വമാണ് ഉപദേശം ഞാൻ സത്താണ് അങ്ങനെ ഉപദേശിച്ചു ഞാൻ താൻ സത്താണെങ്കിൽ അത് പരമാർത്ഥമാണല്ലോ എന്തുകൊണ്ട് താൻ അതിനെ അറിയുന്നില്ല പരമാർത്ഥമല്ലാത്തതിനെല്ലാം അറിയുന്നു മാത്രമല്ല താൻ സത്തെന്ന് മാത്രമല്ല സത്തനെന്നാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ പറഞ്ഞു തേജോപന്നം കാര്യമായിരിക്കുന്ന ശുഖം ശരീരം അത് സത്തിൽ നിന്നുണ്ടായതാണ് അങ്ങനെയാ അത് സത്തായിട്ട് തന്നെ അറിയണം സത്തിനെ അറിയണം മറ്റൊന്നും കൂടെ അറിയാൻ പാടില്ല വിദ്യമാന ഭൂ വസ്തുപതേ ആ വസ്തു എങ്ങനെയാണുള്ളത് അതുപോലെ അനുഭവപ്പെടുന്നില്ല അറിയാൻ കഴിയുന്നില്ല ഒന്നിനെ അതായിട്ട് ബോധിപ്പിക്കുകയും എന്നാൽ അതങ്ങനെ അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ അത് യുക്തിവിരോധമുണ്ട് പറയുന്നത് അങ്ങനെ ശരിയാകും മറിച്ച് പ്രകാരേന്ദ്ര ഉപലഭ്യത ഇവിടെ എന്താണ് സത്തിന് സത്തായിട്ട് അറിയാൻ കഴിയുന്നില്ല സത്തിന് തേജോപന്ന കാര്യമായി ശരീരമായിട്ട് അറിയുന്നു അങ്ങനെ പ്രപഞ്ചമായിട്ടറിയുന്നു മനസ്സായി കരണങ്ങളായി നാനാരൂപത്തിൽ അറിയുന്നു നാമരൂപങ്ങളായി അറിയുന്നു എന്നാലത് സത്തന്നും പറയുന്നു സാറിന്റെ മനസ്സിൽ വരുന്ന സംശയമാണ് ഇതങ്ങനെ സംഭവിക്കുന്നു ഇത് പുസ്തകമാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകമായിട്ട് എന്നെ അറിയും മറ്റൊന്നായി അറിയില്ല മേശിയെന്ന് പറഞ്ഞാൽ മേശയായിട്ടറി സത്തിന്റെ കാര്യത്തിൽ മാത്രം സത്താണ് പക്ഷെ അങ്ങനെ അറിയുന്നില്ല സത്താണെന്ന് ബോധിപ്പിച്ചിട്ടും അറിയുന്നില്ല സത്താണെന്ന് ബോധിപ്പിച്ചിട്ടും അറിയില്ല എന്ന് സ്വയം സാരിക്കുന്നപ്പോധിപ്പിച്ച സത്താണെന്നും ബോധിപ്പിച്ചിട്ടും സത്താണെന്ന് അറിയുന്നതിന് സാമാന്യ അനുഭവമാണ് മറിച്ച് വീണ്ടും പ്രകാരാന്തരങ്ങൾ ഉപലഭ്യത നാം രൂപാത്മകമായി സത്തായും അസത്തായുമെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു വസ്തുവിന്റെ വാസ്തവ സ്വരൂപം ആ രീതിയിൽ തന്നെ വെളിപ്പെടണം എന്നൊരു ചോദ്യകർത്താവിന്റെ താല്പര്യം മറിച്ചാകാൻ പാടില്ല താൻ ബ്രഹ്മമാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ബ്രഹ്മമായി അറിയും അതാണ് ചിലത്ര ദൃഷ്ടാന്തം സമാനം പറയുന്ന അങ്ങനെ അറിയണമെന്നില്ല ഒരു വസ്തു ഒരു വസ്തുവിനെയൊന്നുള്ളതല്ല ഒരു വസ്തുവിനെയും അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണമെന്ന് നിയമമില്ല പറഞ്ഞെന്ന് വരാം അറിഞ്ഞില്ലെന്നൂരാം അതാണ് എന്റെ നിയമം അത് അവ്യവസ്ഥിതമാണ് മിക്കവാറും അത് അറിയാതിരിക്കാനാണ് സാധ്യത വ്യതിജൈമർത്ഥം പ്രത്യക്ഷീകർത്തും വിശ്വസിം ലവണം വേദം അവധായ ഭക്ഷിപ്പ്യ അധ മാമാംസപ്രാദുപറു പ്രത്യക്ഷമായി അറിയണമെന്നില്ല മിക്ക അനുഭവങ്ങളിലൂടെ ഇത് ഉറപ്പിക്കണമില്ല എന്താണ് ഒരു വസ്തു ഉണ്ടെങ്കിലും നമ്മൾ അറിയണമെന്നില്ല നീ സത്താണെങ്കിലും നിന്നെ സത്തായി അറിയണമെന്നില്ല ഇക്കാര്യം ഈ മമർത്ഥം പ്രത്യക്ഷീ കടത്ത് വെച്ചിരിക്കും പ്രത്യക്ഷമാകണമെന്നുണ്ടല്ലോ പ്രത്യക്ഷമെന്ന് പറയുന്നത് വ്യക്തമായി ബോധ്യം വരുക അതാണ് പ്രത്യക്ഷമെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഭ്രാന്തി ഇതെല്ലാം ദൂരീകരിച്ചിട്ട് വരുന്ന ആറ് അതാണ് പ്രത്യക്ഷ അത് കേട്ടുമതി ഒരു കാര്യം പ്രത്യക്ഷമാണ് കാണെന്നൊന്നുമില്ല കണ്ടും പ്രത്യക്ഷനും പ്രത്യക്ഷം അനുമാനിച്ചാലും പ്രത്യക്ഷം ഇതിലൂടെയും പ്രത്യക്ഷം ഞാനുണ്ടാകാം പ്രത്യക്ഷമെന്ന് പറഞ്ഞാൽ അതാ അതിന്റെ കാര്യം എവിടെയാണോ സംശയമില്ലാതെ ഉള്ളത് സംശയമില്ലാതിരിക്കാൻ കഴിയുന്നത് പ്രത്യക്ഷമാണോ അതിന് കാണണമെന്നൊന്നുമില്ല സംശയമില്ലാതിരുന്നു വടക്ക് ഹിമാലയമാണ് ഒരാൾ പറയും കേൾക്കുന്ന ആൾ ബോധ്യം വരും വടക്ക് ഹിമാലയമാണ് കാര്യത്തിൽ സംശയമില്ലെങ്കിൽ അത് പ്രത്യക്ഷമാണ് അല്ല നേരിട്ട് കാണണമെന്നുണ്ട് അറിവ് പ്രത്യക്ഷമാണ് ശബ്ദ പ്രത്യക്ഷ ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യക്ഷ ാണ് പ്രത്യക്ഷത്തിന്റെ സ്വഭാവം നേരിട്ട് കാണുന്നതാണ് പ്രത്യക്ഷം അങ്ങനെയില്ല ഒരാൾ ഇവിടെയിരിക്കുന്നു തണുത്ത കാറ്റടിക്കുന്നു കടലരമ്പുന്ന ശബ്ദം കേൾക്കുന്നു ഊഹിക്കുന്നു ഇതിന്റെ സമീപത്തിൽ കടലുണ്ട് ഈ ജ്ഞാനം പ്രത്യക്ഷമാണ് ോഹിച്ചതാണ് പക്ഷെ ഞാനും പ്രത്യക്ഷമാണ് എന്തുകൊണ്ടതിലും പ്രത്യക്ഷമൊന്നും വിളിക്കുന്നു അവിടെ പിന്നെ സംശയമില്ല അതിനു വേണ്ടെന്നുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു സമീപത്തിൽ സമീപനമുണ്ട് എന്നുള്ളത് അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമല്ല ഞാനും പ്രത്യക്ഷമാണ് സംശയ വിപരീയ രഹിതമായിരുന്നു ഞാൻ അതെങ്ങനെയായിരുന്നു അങ്ങനെ ഈ കാര്യം നിങ്ങൾക്ക് നിശ്ചയിക്കണമെങ്കിൽ അതിനെ തെളിയിച്ചു തരാം എങ്ങനെ പിണ്ടെങ്കിൽ നല്ല പണം ഏതാ ഇല്ലാതെ ഉതകിയബദ്ധമായ ഭക്ഷിപ്പിക്ക ആദ്യം കൈപ്പാത്രം തെളിക്കുന്ന വെള്ളത്തിൽ കുറച്ചുപ്പിടുകണം കല്ലുപ്പ് അതിടുക ഭക്ഷിപ്പിയ അഥ മാം ഒന്നും ചെയ്യണ്ട അതങ്ങനെ വെക്കുക നാളെ രാവിലെ അതുമായിട്ടെന്റെ അടുത്ത് വരിക ഉപ്പിട്ട വെള്ളവുമായിട്ട് വരിക അത് പ്രത്യക്ഷപ്പെടുത്തി തരാം വേണം സഹപിതൃത്വം അർത്ഥം പ്രത്യക്ഷിക്കിടത്തും വിശ്വൻ തഥാ ചക്കാര ശരി പിതാവ് പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാക്കണമോ ഒരു വസ്തു ഉണ്ടെങ്കിലോ അതറിയണമെന്നില്ല മറ്റേതെങ്കിലും തരത്തിലറിയാം അറിഞ്ഞുകൊണ്ടിരിക്കുമെന്നില്ല അത് മറ്റു തരത്തിലായിരിക്കും അനുഭവപ്പെടുന്നത് അതിന്റെ വാസ്തുരൂപത്തിലായിരിക്കില്ല ഈ കാര്യങ്ങളെല്ലാം പ്രകാരാന്തരേനറിയുന്നു ഉപ്പിനെ നേരിട്ടറിയുന്നില്ല ഉപകച്ച ചെയ്ത സഹപിത്രോക്തമർത്ഥം പ്രത്യക്ഷപ്പെടുത്ത് വെച്ചൻ തഥാചകാര സമൂഹവാച പരേദ്യുരാതരല്ലവണം ദോഷ രാത്രി ഉദഗ്അ നിക്ഷിപ്താൻ ശരിയാ വെള്ളം കൊണ്ടുവരുക ഉപ്പിട്ട വള്ളം ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞനുസരിച്ച് നീ സൂക്ഷിച്ച് വെച്ച് അത് കൊണ്ടുവരുക ആജീഷു ഉദഗേ വിജാതാൻ യഥാതല്ലവണം വിദ്യമാനമേവ സത് അഫ്സുലീനം സംശ്രേഷ്ഠം ഉപ്പു കൊണ്ടുവന്നു നോക്കി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായി കണ്ട ആ ലവണം ഉപ്പ് വെള്ളത്തിലില്ല ഉപ്പെന്ന് പറയുന്നത് പ്രത്യക്ഷയോഗ്യമായ വസ്തുവാണ് അത് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നതാണ് കണ്ടിട്ട് അത് ഉറപ്പ് വരുത്തിയാണ് ഇത് ലവണമാണോ ഒരു സംശയം ഉണ്ടായി അജ്ഞാന സംശയ വിവരങ്ങളൊന്നും ഇല്ലാതെ പക്ഷെ പിറ്റേ ദിവസം നമുക്കിപ്പോൾ അത് കാണാനില്ല അതവിടെ ഇല്ല പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ല ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞ ദിവസത്തെ പോലെ അത് പ്രത്യക്ഷമാവുന്നില്ല ഇനി അതവിടെ ഇല്ലാത്തതു കൊണ്ടാണോ അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷി പറന്നുപോയതുപോലെ നല്ലവണ്ണം ഇനി പറന്നുപോയതാണോ അല്ല അവിടെ ഉണ്ടെങ്കിലും അത് പ്രത്യക്ഷമാകുന്നില്ല അതാണ് അടുത്ത് പറയുന്നത് യഥാൻ ലവണൻ നവേഥ തുഷ സ്പർശനേന ചിണ്ടരുപം ലവണം അഗ്രഹ്യമാണ് വിദ്യദൈവ സുഖലഭ്യത ഉപായന്തരേണ പുത്രം പ്രത്യാദം ഇച്ച അംഗരിഷ്ട്രഹീത്ത ആചാമ പുത്രം തഥാതന്ധം ഉചം സ്വാദത പ്രത്യക്ഷമായി കാണുന്നില്ല മുമ്പ് ലപണത്തെ പ്രത്യക്ഷമായി കാണാം സ്പർശിച്ചു പറയും ലപണത്തെ സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടതൊരു പിണ്ടമായിരുന്നു ഒരു വസ്തു ആയിരുന്നു ഖനമുള്ള ഒരു വസ്തുവായിരുന്നു ഘനമാനങ്ങളുള്ള ഒരു വസ്തുവായിരുന്നു അങ്ങനെയാണ് അത് പക്ഷെ ഇന്നോ അറിയാൻ പറ്റുന്നില്ല അതിനെ കുറിച്ചുള്ള അറിവില്ല തഥാവിധ ചക്ഷുഷ സ്പർശനേന കൊണ്ടൊരു നല്ലവണ്ണം കണ്ണുകൊണ്ടറിയാൻ വയ്യ സ്പർശിച്ചറിയാൻ വയ്യ മറിച്ച് വിദ്യതേയവ അസുഖം പക്ഷെ ജലത്തിലതൊണ്ട് എങ്ങനെ ം അതിന് വിലയിച്ച് അതിനോട് ഏകീഭവിച്ച് അത് ജനത്തിനുള്ള ഉപായാന്തരണം അത് ഗ്രഹിക്കാൻ കഴിയും കണ്ടുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയും സ്പർശിച്ച് ഗ്രഹിക്കാൻ കഴിയും പക്ഷെ മറ്റൊരു പായത്തിലൂടെ അതിന് ഗ്രഹിക്കാൻ കഴിയും ഇത്തിയത് ഉത്തരം പ്രത്യാഹിച്ചും ഇതാണ് ഒരു വസ്തു ഒരു മറ്റൊരു തരത്തിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ ഗ്രഹിച്ചില്ല അതുകൊണ്ട് അതില്ല എന്ന് ഉറപ്പിക്കരുത് അങ്ങനെ ഉറപ്പിക്കാൻ പാടില്ല അന്താധുരുഷാഗ്രഹീത്വ ആ ചാമ അതിനുവേണ്ടി പറയുന്നു ഈ ഒരു കാര്യം ചെയ്തോ അതിന്റെ മുകളിൽ ഒന്ന് സ്പർശിച്ചിട്ടാ ജലത്തിന്റെ മുകളിൽ ഉപരിഭാഗത്തുനിന്ന് ഒന്ന് സ്പർശിക്കുക ഒരു തുള്ളി എടുത്ത് കുടിച്ചു നോക്കുക ആചമനം ചെയ്യുക നാക്കലൊന്ന് സ്പർശിക്കുക അതും മതി ആചനത്തിന് അത്രയും മതി പുത്രൻ തഥാ കടുത്തോ കഥം നിന്ന് ഒരു തുള്ളി ജലം എടുത്ത് കുടിച്ചു മോൾ ഭാഗത്തുനിന്ന് ഇത് അവതരിച്ച് എങ്ങനെയുണ്ട് ഇത്ര ആഹാരണം സ്വാദ് തൈ ഉപ്പ് എന്റെ രസമുണ്ട് ഉപ്പ് രസം ഞാൻ അനുഭവിക്കുന്നു ഉപ്പിന്റെ രസം അറിയാൻ പത്തുന്ന നേരത്തെ ഉപ്പ് എന്റെ സ്വാദ് ഇങ്ങനെയാണെന്ന് അറിയാം പക്ഷെ മുമ്പ് അത് കണ്ടും അറിയാൻ കഴിയുമായിരുന്നു കണ്ടിട്ടും പറയാൻ കഴിയുമായിരുന്നു ഉപ്പാണ് ആ രസം അനുഭവിക്കാതെ തന്നെ മുമ്പ് ആ രസം അനുഭവിച്ച അസ്മരണയുണ്ട് ഉപ്പിനെ കാണുമ്പോ തിരിച്ചറിയുന്നു ഇത് ഉപ്പാണ് മുമ്പ് രസനേന്ദ്രിയത്തിലൂടെയും ഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മുമ്പിൽ ചക്ഷിരേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കാനില്ല മറിച്ച് അവിടെ കാണുന്നത് കേവലം ജലം ആ ജലരൂപത്തിൽ കാണുന്നത് ഉപ്പ് വിലയിച്ചു ചേർന്നതാണ് അവിടെ എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു വസ്തു ഒരു തരത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാം എന്ന് വെച്ചാൽ ചക്ഷിരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യവും മറ്റൊരു ഇന്ദ്രിയത്തിലൂടെ ഗരിക്കാൻ പറ്റുന്നു രസനേന്ദ്രിയത്തിലൂടെ അതുപോലെ സത്ത് കണ്ണു തുറന്നു ബാഹ്യമായി കാണുമ്പോൾ അവിടെ കാണുന്നത് നാമരൂപങ്ങളാണ് സത്തെന്ന് പറയാൻ എന്തുകൊണ്ടത് പരിണമിക്കുന്നു മാറുന്നു നശിക്കുന്നു വികാരങ്ങൾ കടിമപ്പെടുന്നതാണ് അതുകൊണ്ടെങ്ങനെ സത്തെന്ന് പറയാൻ കഴിയും സർവത്ര സത്താണ് സത് കാര്യമാണ് തേജോപന്നം അതിൻ്റെ കാര്യമാണ് ശരീരം അതും സത്ത് തന്നെ ഇതാണ് പരമാർത്ഥമ ജനം അതിനങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല അസത്തായി ഗ്രഹിക്കുന്നു നാം രൂപാത്മകം സർവം അസത്താണെന്ന് ഗ്രഹിക്കേണ്ടി വരുന്നു ഇവിടെ ഒരു തരത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഈ സ്ഥൂലമായ ബുദ്ധിയൊണ്ട് ഈ മനസ്സുകൊണ്ട് ഇതിനെ സത്തായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ പോയ ഉപ്പാണ്ടും പക്ഷെ രസനീത്യം കൊണ്ടും മറ്റൊരു തരത്തിൽ അതിനെ ഗ്രഹിക്കാം അതാണ് ഇവിടുത്തെ ഇമ്പ്രസ് സത്താണ് പരമാർത്ഥമാണെങ്കിലും സത്തിനെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാഗ്രഹിക്കേണ്ടത് മനസ്സുകൊണ്ട് സത്തിനഗ്രഹിക്കാൻ കഴിയില്ല പറയും സംസ്കൃതമായ ബുദ്ധിമുട്ടതിനേന്ദ്രിയ കൊണ്ട് എങ്ങനെയാണോ ആ രസത്ത് ആഗ്രഹിക്കുന്ന അതുപോലെ സംസ്കൃതമായ ബുദ്ധിമുട്ട് അതിനഗ്രഹിക്കുന്നു അത് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യക്ഷമാക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് സംസ്വര്യങ്ങളൊന്നും കൂടാതെ ഇവിടെ അസംസ്കൃതമായി മനസ്സുകൊണ്ട് സത്തിന ഗ്രഹിക്കുന്നുണ്ട് സർവജീവന്മാരും അസ്തിത്വം സത്ത് അതിനനുഭവിക്കുന്നു പക്ഷെ അവിടെ അതാണ് പരമാർത്ഥം സത്തിന് സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല സത്തെന്ന് പറഞ്ഞാൽ പരമാർത്ഥം തന്നെ അതിന് സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല മറിച്ച് നാം ഒരു കാര്മകമായി ഗ്രഹിക്കുന്നു ശരീരേന്ദ്രിയ മനോബുദ്ധികളായി ഗ്രഹിക്കുന്നു അതൊന്ന വ്യത്യാസം സംസ്കൃത ബുദ്ധി എങ്ങനെ ഗ്രഹിക്കുന്നു സത്തിന് സത്തായി തന്നെ ഗ്രഹിക്കുന്നു സത്തിൽ വന്ന വിഭ്രാന്തികളെല്ലാം നിരാകരിക്കുന്നു അങ്ങനെ ഗ്രഹിക്കുന്നു സത്തിൽ വന്ന ഭ്രാന്തി തേജോബ് എന്ന കാര്യമാണിത് ഇത് നശിക്കുന്നതാണ് വികാരമുള്ളതാണ് ആ രീതിയിലുള്ള ഈ അനുഭവം ഇതിനെ നിരാകരിച്ചിട്ട് ഏകമായി സത്തായി ഗ്രഹിക്കുന്നു അങ്ങനെ ഗ്രഹിക്കുന്നതിൽ വരുന്ന തടസ്സങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു അതാണ് ഞാനും ചെയ്യുന്നത് ആ തടസ്സങ്ങൾ അജ്ഞാനാദികളെ ഇല്ലാതെയും ഇല്ലാതാക്കുന്നു അതാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതെന്ന് പറയുന്നു ഒരു തരത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ അതില്ല എന്ന് ധരിക്കരുത് തരത്തിൽ ഗ്രഹിക്കാം അതിനുദാഹരണമാണ് ഈ പറഞ്ഞത് ജലത്തിൻ്റെ എവിടെ നോക്കിയാൽ ് ആ ലവണം ചെറിയൊരു കല്ലായിരുന്നു ഇവിടെ ഇപ്പം അങ്ങനെ ആ ജലത്തിൽ എവിടെ സ്പർശിച്ചാലും അത് തന്നെ ഒരേ രസം രസോ എന്ന് പറയും അതുപോലെ സർവത്ര സദനുഭവം എന്ന് പറയുന്നതാണ് അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് തഥാ മധ്യസ്യ ഗ്രഹിത്വം ഇനി അതിന്റെ മധ്യത്തിൽ നിന്ന് ആചമിച്ചു കഥമിത്തി ലവണമിതി പറഞ്ഞു ഒപ്പു തന്നെ സംശയമില്ല ഗ്രഹിത്വാച്ചാൻ അടിയിൽ നിന്ന് അടിയിൽ സ്പർശിച്ചിട്ടു അതൊന്ന് ആചമനം ചെയ്യുക കഥമിത്തി ലവണമിതി സർവത്ര ലവണം തന്നെ ജലം ജലത്തിന്റെ സ്ഥാനത്ത് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം ആ ലപണത്തിന്റെ സ്ഥാനത്ത് ഈ സത്ത് ജലത്തിൽ എവിടെ എങ്ങനെ ജലത്തെ ആക്രമിച്ചാലും മധുരം തന്നെ മറ്റൊരു രസം അവിടെ ഇല്ല ലപണം അതിൽ വിനയിച്ചതുമുണ്ട് നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്ത് അസംസ്കൃത ബുദ്ധിക്ക് ഒന്നും നിശ്ചയിക്കാൻ കഴിയുന്നില്ല ഇത് സത്താണോ അസത്താണോ ഇവിടെ പറഞ്ഞതൊന്നും ഭാരസേ എനിക്കറിയാൻ പറ്റുന്നില്ല ഉറപ്പിക്കാൻ കഴിയുന്നില്ല ഇത് ലപണമാണോ കാരണം കാണുന്നത് വെറും ജലമാണ് എന്റെ കൂടാതെ രസനേന്ദ്രിയ ആശ്രയിക്കുക അതുപോലെ ഇവിടെ സംസ്കൃത ബുദ്ധിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സർവത്ര നാമരൂപാത്മകമായി പ്രപഞ്ചം തേജോമെന്ന കാര്യമായിരിക്കുന്ന ഈ ശുഖം ശരീരം എന്ന് പറയുന്ന രീതിയിൽ ആ ഭാഷ സർവവും സത്ത് മാത്രം സദനുഭവം ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പം സത് അസത് പ്രതീതി രണ്ടും ഉണ്ട് സത്തെന്ന് തോന്നുന്നു അസത്തെന്ന് തോന്നുന്നു അസത്തനെ ഇതിലേക്ക് ആരോപിക്കുമ്പോൾ പറയുന്നു ശരീരസത്താണ് എത്രയോ കാലമായത് ഉണ്ടായി എത്രയോ കാലം സത്താണ് മറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരങ്ങൾ നശിക്കുന്നതായി കാണുന്നു പല ശരീരവും നശിക്കുന്നുണ്ടാകുന്നു അസത്താണ് ഈ എല്ലാ ബോധവും വരും ഒരാളോട് ആവശ്യപ്പെടുന്നത് സത്വമെന്നോ അല്ലെങ്കിൽ അസത്തന്നോ നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ കഴിയില്ല രണ്ടനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ അനുഭവം സദനുഭവത്തിന് നമ്മൾ യാതൊരു വിലയും കല്പിക്കുന്നില്ല അങ്ങനെയുണ്ട് സർവർക്കും അനുഭവമുണ്ട് സദനുഭവം സർവർ ഈ അനുഭവത്തിലാണ് പക്ഷെ അനുഭവത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്തുകൊണ്ടാ അടുത്ത നിമിഷം അവിടെ തന്നെ അസദ് അനുഭവം ഉണ്ട് പിന്നെ എങ്ങനെ സത്തനുഭവത്തിന് വില കൊടുക്കും അറിയുന്നു ഇത് സത്താണ് എന്റെ ഉപേക്ഷിക്കുന്ന പുസ്തകം സത്താണെന്ന് അറിയുന്നു പക്ഷെ ഈ അനുഭവത്തിന് എനിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അടുത്ത നിമിഷം ഈ പുസ്തകം അഗ്നിയിൽ ചാമ്പരായ അനുഭവം ഇത് രണ്ടും ഒരുപോലെ സർവത്ര നിൽക്കുന്നുണ്ട് ഈ പ്രാകൃത ബുദ്ധിക്ക് സദനുഭവം അസദനുഭവം ഉണ്ടാക്കിത്തരുന്ന ഈ ബുദ്ധിക്ക് കേവല സദനുഭവത്തെ നീക്കാൻ കഴിയുന്നില്ല സത്തായിട്ട് ഇതിനെ കഴിയുന്നില്ല പ്രകാരാന്തരേണ്ണം അപ്പൊ മനസ്സിലാവുന്ന ഈ ബുദ്ധി കൊണ്ട് സാധ്യമല്ല ഈ അറിവ് കൊണ്ട് സത്തിനെ ധരിക്കാൻ സാധ്യമല്ല ഈ അറിവിനൊന്ന് പരിഷ്കരിക്കുന്നു അറിവിന്റെ പരിഷ്കരണം എന്താണ് അറിവിലുള്ള ദോഷങ്ങളും മാറ്റണം അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനാദി ദോഷങ്ങളില്ലായ്മ അത് മാറ്റിക്കഴിഞ്ഞാൽ അറിവ് സത്തായി മാത്രം പ്രകാശിക്കുന്നു സത് അറിവിനോട് ബന്ധപ്പെട്ടത് അസത് അജ്ഞാനത്തോട് ബന്ധപ്പെട്ടു അപ്പൊ ഇതൊന്നു മാത്രം ശേഷിക്കുന്നു അജ്ഞാനം നീങ്ങിയാൽ തന്നെ അവിടെ അജ്ഞാനത്തോട് ബന്ധപ്പെട്ട അസത്ത് അങ്ങനെ നീക്കത്തില്ല അതാണ് സദനുഭവം സദാത്മീകത്വ അനുഭവം അതങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നു ഇനി അതിനെ കുറിച്ച് തന്നെ വിശദീകരിക്കുന്നു സത് അനുഭവമാണ് ഭാവനല്ല സ്മരണയല്ല കേവല കൽപനല്ല കേവല വിശ്വാസമല്ല ഒന്നുമല്ല വിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്റെ മുമ്പായിരിക്കുന്ന ഈ വസ്തുസത്താണെന്നറിയുന്ന എനിക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല അങ്ങനെ വിശ്വസിക്കുകയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഇവിടെ നമുക്ക് നേരിട്ടറിയാൻ വയ്യ എന്നാൽ അങ്ങനെ ഒന്നുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരുന്നു അവിടെയാണ് വിശ്വാസം നേരിട്ടറിയാൻ കഴിയുന്നത് വിമേശയ്ക്കകത്തൊരു ബുക്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നു അകത്ത് പുറത്തിരിക്കുന്നത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം അത് പ്രത്യക്ഷമാണ് അകത്തിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നതുകൊണ്ട് അവിടെ നേരിട്ടറിയാൻ കഴിയുന്നില്ല മേശക്കകത്തിരിക്കുന്ന പുസ്തകത്തിന് മേശ തടസ്സമായിരിക്കും ഇരുള മുറിയിലിരിക്കുന്ന പുസ്തകത്തിന് ഇരുള തടസ്സമായിരിക്കും ഇത്തരം തടസ്സങ്ങളുള്ളതുകൊണ്ട് അതിനെ നേരിട്ടറിയാൻ കഴിയുന്നില്ല അവിടെ വിശ്വസിക്കേണ്ടി വരും അവിടെയുണ്ട് ഞാൻ മുമ്പ് അത് ഇതിനകത്ത് വച്ചതാണ് അവിടെ നിന്ന് എടുത്തിട്ടില്ല അതുകൊണ്ടത് അവിടെ ഉണ്ടായിരിക്കും ഉണ്ടാകണം വിശ്വസിക്കേണ്ടി വരുന്നതുകൊണ്ട് ഇനി അതും മറ്റാരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇല്ല ഉറപ്പിക്കാൻ വയ്യ നന്മച്ചത് കൊണ്ട് അവിടെ ഇരിക്കണമെന്നൊന്നുമില്ല അവിടെ വിശ്വാസത്തെ ആശ്രയിക്കുന്നു സദ് അനുഭവം അങ്ങനെ വിശ്വാസത്തെ ആശ്രയിക്കുന്നുണ്ട് മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം സത്താണ് പുസ്തകമസ്തി ആരുടെയും ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടത് അനുഭവമാണോ അത് അറിവാണോ അറിവിൽ സംശയങ്ങളില്ല അങ്ങനെ സംശയങ്ങളില്ലാത്ത അറിവ് ദോഷമില്ലാത്ത അറിവും അത് വിശ്വാസത്തെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അതിന് പ്രത്യക്ഷം എന്ന് പറയുന്നു പ്രത്യക്ഷം ഒരിക്കലും വിശ്വാസത്തെ ഒരുവന്റെ ഉള്ളിലിരിക്കുന്ന പാപ പുണ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പുറമേ നിന്ന് നോക്കുന്ന ഒരുവനും അത് മനസ്സിലാകത്തില്ല പുണ്യവാനാണെങ്കിൽ നമുക്ക് പറയുമോ അയാൾ ശുരേഷ്ഠനാണ് ദിവ്യനാണ് പുണ്യമുണ്ടെങ്കിൽ പാപമുണ്ടെങ്കിൽ പറയുമോ അയാൾ ദുഷ്ടനാണ് പാപിയാണ് ഇത് കേവലം വിശ്വാസമാണ് എന്തുകൊണ്ട് പുണ്യപാപങ്ങൾ പ്രത്യക്ഷമുണ്ടാകൊണ്ട് വ്യക്തിയുടെ സദാസദ്ഭാവങ്ങളും വ്യക്തമുണ്ട് പ്രത്യക്ഷമുണ്ട് വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരും പുണ്യപാപങ്ങൾ അതീന്ദ്രിയമായി ഇതങ്ങനെയല്ല ഇത് പ്രത്യക്ഷമാണ് പക്ഷേ ഒരു വ്യത്യാസം ലവണം പോലെ അത് കണ്ടുകൊണ്ട് കണ്ടോ വിരൽ കൊണ്ട് സ്പർശിച്ചോ അറിയാമല്ലോ ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ അതിനൊന്നും പറയും മറ്റൊരു ഉപായത്തിലൂടെ അറിയുന്നു ഇവിടെയും മറ്റൊരു ഉപായം പ്രകാരാന്തരം ഹൃദയസിദ്ധി ഹൃദയസിദ്ധിയിലൂടെ അറിയുന്നു പ്രദേശബുദ്ധിയിലൂടെ അറിയണ്ടതിന് അതിലൂടെ തന്നെ അറിയണം ബുദ്ധി കൊണ്ടറിയാൻ പറ്റത്തില്ല ബുദ്ധിയുടെ അഭ്യാസം കൊണ്ടറിയാൻ പറ്റത്തില്ല അത് സാധ്യമല്ല അതില് കണ്ണുണ്ട് മുമ്പില് സാധനമുണ്ട് അറിയാൻ പറ്റുന്നില്ല ഇത് ഉപ്പാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഇന്ദ്രിയത്തിന് അതിനുള്ള സാമർഥ്യം ചക്ഷേന്ദ്രിയത് പക്ഷേ അതേ സാധനം തന്നെ സ്പർശനേന്ദ്രിയത് അതുപോലെ ഇവിടെ സംഭവിക്കുന്നു അതാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അത് പ്രകാരാന്തരത്തിൽ അറിയാം അതിന് തത്വജ്ഞാനം ജഗത് സന്മയമാണ് ജലം ലവണമയമാണ് എന്നറിയുന്ന പോലെ ജലം ലവണമയമായിരിക്കുന്ന ജഗത് സന്മയമായിരിക്കും എന്നറിയുന്നു അത് പ്രത്യക്ഷമാണ് കല്പിക്കുന്ന ഭാവന ചെയ്യുന്നതല്ല പക്ഷെ പ്രകാരാന്തരേണോ നീ ബുദ്ധിയുണ്ടല്ല പ്രാകൃത ബുദ്ധി കൊണ്ടല്ലോ സദസതനുഭവമുള്ള ബുദ്ധി കൊണ്ടല്ല പിന്നെ ഇവിടെ എന്താണ് ജലം ലപണമയമാണ് പക്ഷെ അതറിയാൻ പറ്റുന്നില്ല സ്വയം അതറിയാൻ പറ്റുന്നില്ല ഒരാളെ ബോധിപ്പിക്കേണ്ടി നീ അതൊന്ന് രുചിച്ചു നോക്കുക അതിനൊരാൾ തയ്യാറായില്ലെങ്കിൽ ജലം കണ്ടു അടുത്തു പറയും മേധാവി പുരുഷു വിദ്വാൻ അടുത്ത് ഇനി പറയും മേധാവി അല്ലെങ്കിൽ ജലത്തിലവൻ ഒപ്പിട്ട് കുറ്റിവസം നോക്കിയപ്പോഴൊപ്പില്ല തീരുമാനിച്ച് ഇവിടെ വെപ്പില്ല അനപ്പുറവൻ ചിന്തിക്കാൻ ശേഷിന് ഒന്നും അറിയില്ല പക്ഷെ ഇവിടെ എങ്ങനെ ബോധിപ്പിക്കുന്നു ഒരാൾ ബോധിപ്പിക്കുന്നു നിങ്ങളെ ബോധിപ്പിക്കുന്നു നീ അതിനെ ഇന്ന തരത്തിലാണ് അറിയേണ്ടത് ഇപ്പൊ നീ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തില അതിനറിയേണ്ടത് അതിനറിയതിന് അതിൻ്റെതായ വഴിയുണ്ട് ഇവിടെ പറഞ്ഞു നീ ആചമനം ചെയ്തറിയുക കണ്ടറിയാൻ ശ്രമിക്കരുത് തൊട്ടറിയാൻ ശ്രമിക്കരുത് അവരിവിടെ അതിൻ്റെതായ വഴിയെന്ന് ഉദ്ദേശിക്കും സർവദ്മയം തന്നെ പക്ഷെ ഉറപ്പുവരുത്തണം ഒരേ ഒരു വഴിയേ ഉള്ളൂ ശുദ്ധമായ ഹൃദയം കൊണ്ട് അറിയുക ഹൃദയത്തിന്റെ സുദ്ധി എന്ന് പറയുന്നത് എന്താ മുഖ്യമായിട്ടുള്ള സിദ്ധി ഇത് തന്നെയാണ് അജ്ഞാന സംശയാദി ദോഷങ്ങളില്ലാതിരിക്കുകയാണ് അതിന്റെ പാകപ്പെടൽ ബുദ്ധിക്കുണ്ടായിരുന്നു അതാണ് ആ ബുദ്ധിയിലെ രാഗദ്വേഷാദികളില്ലാതെ രാഗദ്വേഷാദികളില്ലാതിരിക്കുന്ന തരത്തിൽ ബുദ്ധിപ്പാകപ്പെട്ട അതിൻ്റെ പരിഭാഗത്തിൽ അജ്ഞാന സംശയദോഷങ്ങൾ സ്വയം ഇല്ലാതാവുന്നു ആ ബുദ്ധിയിൽ ഇവിടെ സത്ത് പ്രകാശിക്കുന്നു അപ്പോൾ പറയുന്നു ബുദ്ധി കൊണ്ടറിഞ്ഞെന്ന് പറയുന്നു അല്ല നമ്മൾ വിഷയങ്ങളെ അറിയുന്നത് പോലെ അതിനറിയില്ല ഉപ്പിനെ അറിയുന്നത് പോലെ അതിനറിയാൻ പറ്റത്തില്ല രുചിച്ചറിയാൻ പറ്റത്തില്ല യോഗ്യമായ ബുദ്ധിയിലൂടെ അത് പ്രകാശിക്കുന്നു എപ്പോൾ ബോധിപ്പിക്കുക അത് ബോധ്യപ്പെടുന്നു അതേന്ന് ബോധിപ്പിക്കുമ്പോൾ അത് ബോധ്യപ്പെട്ട അതേന്ന് ബുദ്ധിയുടെ ശുദ്ധി അതാണ് ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറയുന്നത് അത് ബോധ്യപ്പെടുന്നവന്റെ സ്വാനുഭവം ഉപ്പിന്റെ രസം എന്ന് പറയുന്നത് ഉപ്പിനെ രുചിച്ചവന്റെ സ്വാനുഭവമാണ് അവന്റെ അനുഭവമാണ് പിതാവത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അവനോട് പറഞ്ഞതേ ഉള്ളു പറഞ്ഞു ഇത് ഉപ്പാണ് ജലത്തെ ചൂണ്ടിക്കാണിച്ചു മനസ്സിലായി കാരണം ഇന്ന് ഇന്നലെ കണ്ടതല്ല ഇത് അവിടെ പിന്നെ ഒരു യത്നത്തിന്റെ ആവശ്യം വരുന്നു ഉപദേശം കൊണ്ട് മാത്രം കാര്യമായില്ല യത്നം വേണം പ്രയത്നം വേണം അതിനെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ഉപായാന്തരം അതാണ് പ്രയത്നം ഇവിടെ എന്ത് ചെയ്തു ആശമനം അതൊരു പ്രയത്നമാണ് തന്റെ ഭാഗത്തുനിന്ന് ശിഷ്യന്റെ ഭാഗത്തുനിന്ന് ചെയ്യും അതടുത്ത് പറയും ഉപദേശിച്ചു പക്ഷെ ഉഗ്രഹിക്കുന്നില്ല അപ്പോ അത് ശ്രോതാവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു യത്നം ആവശ്യമാണ് മനനം ആവശ്യമാണ് ആചമനം ചെയ്യാതെ ഇങ്ങനെ ഉപ്പെന്ന് അറിയുന്നു യത്നം അവിടെ ആവശ്യമാണ് ആ യത്നം അല്ല ശരിക്കും ഫലം കൊടുക്കുന്നു അറിവുള്ളിലല്ലേ വരുന്നു ഉപ്പെന്നിവിടെ അറിഞ്ഞു അവന്റെ ഉള്ളിലറിഞ്ഞു അവന്റെ അന്നത്തെ അറിഞ്ഞത് ജലത്തിലല്ലേ അറിഞ്ഞു ജഡമായ ജലത്തിൽ അറിവുണ്ടായതല്ല അവന്റെ അന്ധക്കരണത്തിൽ അച്ഛേതനാണ് അറിവുണ്ടായത് അതുപോലെ ഇവിടെയും സത്തനെ സംബന്ധിച്ച് ആന്തരികമായി അന്തർമുഖമായി അറിയണം അത് ഇവിടെ പറഞ്ഞ് പ്രത്യക്ഷം കിടക്കും പ്രത്യക്ഷമാണ് ജ്ഞാനാധികാരികളില്ലാതെ സംശയങ്ങളില്ലാതെ ഭൂയം ഇങ്ങനെ വരുന്ന ഈ ചോദ്യങ്ങളില്ലാതെ അത് പ്രത്യക്ഷമായാലേ പറ്റും കേവലം വിശ്വാസത്തിനൊന്നും പറ്റത്തില്ല അങ്ങനെ വിശ്വസിക്കുന്നു ഗുരു പറഞ്ഞു സത്താണ് ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണോ ഈശ്വരനാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല തനിക്കത് ബോധ്യം വരത്തില്ല തനിക്കവിടെ ബോധ്യം വരണം അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധ്യം വരുത്തുന്നതിന് ുമ്പോ പറഞ്ഞ് ശ്രദ്ധാതി ഘടകങ്ങളെല്ലാം സഹായിക്കും നിശ്ചിന്തനാകുന്ന ആ വിഷയത്തിന് ആന്തരികമായി അത് ഇവിടെ സത്ത് പിന്നെ സത്തിന്റെ ബോധ്യം അങ്ങനെ പലതൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഗ്രഹണത്തെപ്പോലെ അല്ല അദ്വൈതഗ്രഹണമെന്ന് പറയുന്നത് കാരണം വിഷയതലത്തിൽ പലത് സംഭവിക്കുന്നത് എന്താണോ അവിടെ നാനാത്വം ഉണ്ട് നാനാത്വത്തെ ഗ്രഹിക്കുമ്പോൾ വിഷയം വേറെ വിഷയത്തിൻ്റെ അറിവ് വേറെ അറിയുന്നവൻ വേറെ ഈ തരത്തിലെല്ലാം നിൽക്കും അതൊന്നും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചാലും നടത്തില്ല നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇതിനെയൊക്കെ അറിയുന്നത് പോലെ ആത്മാവിനെ അറിയണം സത്തിനെ അങ്ങനെ ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ ജ്ഞാനിയല്ല സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ചെറുവിജ്ഞാനികളാണ് പക്ഷെ അങ്ങനെ അല്ല എന്ന് തീരുമാനിച്ചതും മാറ്റിയാൽ മാത്രമല്ല പ്രത്യേകിച്ച് അങ്ങനെ ആകേണ്ട കാര്യമില്ല ഒരാൾ സ്വയം മന്ധനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവര സസ്യക്രീതി അത് വിളിച്ചം കിട്ടും അതുപോലെ ഇവിടെ ഈ അജ്ഞാന സംശയവിവരിയങ്ങളെ മാറ്റുക എന്നുള്ളത് മനുഷ്യരുടെ പറയും ആരോപണം നിവൃത്തി അപ്പോഹം എന്നെല്ലാം പറയുന്നത് അതുതന്നെയാണ് അതാണിത് തത്വജ്ഞാനത്തിൻ്റെതല്ല അതിനോടുകൂടെ ഉപായാന്തരം എന്ന് പറയുന്നു അപ്പൊ അത് ഉപായാന്തരത്തിലൂടെ പ്രത്യക്ഷമാക്കുക എന്നാണ് പറഞ്ഞു കഥമിതി ലവണമിതി ലവണം തന്നെ ഒരു സംശയമില്ല പറയുന്നു ദൈവം അഭിപ്രായ പരിത്യജ്യ ഏതൂതകം ആചമ്യ അഥ നെയ്യെള്ളം കൊണ്ട് ദൂരെ കളയോ ഉപ്പം മണ്ണും എല്ലാം കളഞ്ഞു എന്നിട്ടോ എന്നിട്ടെന്റെ അടുത്ത് വരിക തഥാ ചാരാ ലവണം പരിത്തിച്ച് ആ പിതൃസമീപം ആചകാമിതവചനം ഭുവൻ തദ്ദക്ഷണം തസ്മത്തേക്ക് യത്മയാ രാത്രി ക്ഷിപ്തം ശിശുനിത്യം സമ്മർത്തതേ വിദ്യമാനമേവത്സമതേ നിത്യമുക്തബന്ധം ഇനി വെള്ളം പരീക്ഷണം അവസാനിപ്പിക്കുക എന്നിട്ട് വരിക എന്താണ് പരീക്ഷണത്തിന് തെളിഞ്ഞു പറഞ്ഞു ഉപ്പത് നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അത് സത്യമാണ് എന്റെ അനുഭവമാണ് പക്ഷെ അതവിടെയുണ്ട് ഞാൻ മറ്റൊരു ഉപായത്തിലൂടെ ശ്രമിച്ചപ്പോ എനിക്കതിനെ പ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞു അനുഭവം പ്രത്യക്ഷമായി ലവണാനുഭവം എനിക്ക് ബോധ്യമായി ഉപദേശം കൊണ്ട് എനിക്കതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഉപായാന്തരത്തിലൂടെ ശ്രമിച്ചാൽ അത് കഴിഞ്ഞു അതൊക്കെ തന്നെ ശുദ്ധിയാകണം ഇവിടുത്തെ ഉപായാന്തരം ഹൃദയ വിശുദ്ധി അതിലൂടെ വികാൻ പറ്റും അത് ഹൃദയ ശുദ്ധി എന്ന് പറയുമ്പോൾ ഇതല്ല അതിന്റെ രാഗദ്ദോഷാദികൾ മാറുക അതിൽ നിന്ന് അജ്ഞാന സംശയകാര്യങ്ങൾ മാറുക അങ്ങനെ അങ്ങനെ ഇത് ബോധ്യപ്പെടും എന്നാ ഇപ്പോൾ ചിലർക്ക് സംശയം അജ്ഞാന സംശയ വിദ്യങ്ങൾ മാറിയിട്ട് നിന്നെ ബോധ്യപ്പെടുക ഇത് ബോധ്യപ്പെട്ടാലേ അത് മാറത്തത് ഇതിന്റെ പ്രത്യക്ഷമൊന്നുവരുന്നത് അജ്ഞാനാദികളില്ലാതിരിക്കുക പ്രത്യക്ഷമായാലല്ലേ അജ്ഞാനാദികൾ ഇല്ലാതാകും അങ്ങനെ സംശയി ഇതൊക്കെയാണ് ദോഷങ്ങൾ ഈ ദോഷമാറേണ്ട അർത്ഥശൂന്യമായ ഒരു സംശയമാണ് ബുദ്ധിയുടെ വെറും കസരത്താണ് അത്തരം സംശയങ്ങൾ തന്നെ ഇതിന് തടസ്സമായിരിക്കുന്നു അജ്ഞാനം നശിക്കണം ജ്ഞാനം വരാതെ എങ്ങനെ അതിനോട് തീരുമാനിക്കേണ്ട കാര്യമില്ല തർക്കത്തിലൂടെ മനീഷ മതി തർക്കീണ് നിങ്ങൾ വെളിച്ചത്തെ കാണുന്നുണ്ട് വെളിച്ചം കാണുന്നവൻ ഒരിക്കലും ചിന്തിച്ച സമയം കളയാറില്ല വെളിച്ചത്തിന്റെ മുമ്പിൽ ഇന്ന് എന്താണോ ഈ വെളിച്ചം എങ്ങനെ ഉണ്ടായി ഇരിട്ട് മാറിയപ്പോ വെളിച്ചം കടന്നു വന്നതാണോ അത് വെളിച്ചം വന്നിട്ട് ഇരിട്ടിനെ മാറ്റിയതാണോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറില്ല ചിന്തിച്ചിട്ട് ആവശ്യം നിങ്ങൾ അങ്ങ് ചിന്തിക്കാം ചിന്തിച്ചുകൊണ്ടേയിരിക്കാം അങ്ങനെ ഒരു യുക്തിയുണ്ട് ചിന്തിക്കുന്നതിന് യുക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു എന്താണോ വെളിച്ചം മാറിയപ്പോഴാണോ വെളിച്ചം വഴി മാറിക്കൊടുത്തപ്പോഴാണോ ഈ ഇരുട് വഴി വഴിമാറി കൊടുത്തപ്പോഴാണോ ഈ വെളിച്ചം വന്നത് അതും ഈ വെളിച്ചം ഇങ്ങനെ വന്നിട്ട് ഇരുട്ടിലും മാറ്റിയതാണ് എത്ര ചിന്തിക്കും ഇതിന്റെ ഉത്തരം കിട്ടാൻ നിശ്ചിതമായൊരുത്തരം ഇതിന് നമ്മൾ വരുന്ന യുക്തി എന്താണ് യുക്തിയല്ല നമ്മുടെ അനുഭവം എന്താണോ വെളിച്ചത്തിൽ ഇരുളില്ല ഇരുളിൽ വെളിച്ചമില്ല ഇതാണ് അനുഭവം പക്ഷെ അനുഭവത്തിന് അപ്പുറം കടന്നു പോവുകയാണ് യുക്തി എന്നുവെച്ചാൽ അനുഭവത്തെ വിട്ടിട്ട് യുക്തിയുടെ പിറകേ പോകുന്നു യാതൊരു പ്രയോജനവുമില്ല ഇതിനാണ് മായ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സത്തിനെ കുറിച്ച് പറയുന്നത് സദാപരപക്ഷമാണ് സദാപരോക്ഷമായിരിക്കുന്നതിന് വിട്ടിട്ട് മറുവശത്തേക്ക് പോകുന്നു അങ്ങനെ പോകാറുണ്ട് അതാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇരുളു പോയിട്ട് വെളിച്ചം വന്നു അതേ വെളിച്ചം വന്നിട്ട് ഇരുടെ മാറ്റിയോ കുത്തർക്കു പറയും അനാവശ്യമായ ചിന്ത അനാവശ്യമായ ചിന്തകൾ ഇതിന് വികല്പറയും ഇതാണ് ഇതിന് തടസ്സമായിരിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് ബുദ്ധിയെ കുഴക്കുമ്പോഴും ആ വെളിച്ചം കണ്ടുകൊണ്ടേയിരിക്കും കണ്ണു വെളിച്ചത്തെ കണ്ടുകൊണ്ടുതന്നെ ഇരിക്കും സാക്ഷാത്കാരം എന്ന് പറയുന്നത് സദാ സംഭവിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു ഒന്നാണ് സാക്ഷാത് പരോക്ഷ പക്ഷെ അവിടെ ഇത്തരം ചിന്തകൾ അതിനെ മറച്ചുകൊണ്ടിരിക്കും വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രകാശത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ മനസ്സിന് ഇങ്ങനെയുള്ള വികല്പങ്ങൾക്കാണെങ്കിൽ ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ മനസ്സിന്റെ വികല്പങ്ങൾ ഒരു അപൂർണതയുണ്ടാകും ആശയക്കുഴപ്പത്തിൽ ഉണ്ടാകും പ്രകാശത്തിനൊന്നും സ്പർശിക്കാൻ പറ്റത്തില്ല മനസ്സിലുണ്ടാവുക ആശയക്കുഴപ്പം അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആശയക്കുഴപ്പങ്ങളെല്ലാം മനസ്സിന്റെ തലത്തിൽ സ്വത്തിന്റെ തലത്തിലല്ല സ്വത്ത് ഏകരൂപത്തിൽ തന്നെ പറയുന്നു ഇതെല്ലാം കളയുക ഉപ്പും വെള്ളം എല്ലാം കളയുക എന്നിട്ട് വരിക എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുക പറയുന്നു അതിനൊരു മാറ്റമില്ല സദ ഉണ്ടായിരുന്നു ജലത്തിൽ വിലയിക്കുന്നതിന് മുമ്പും ജലത്തിൽ വിലയിച്ചതിന് ശേഷവും അത് അത് തന്നെയാണ് ഇവിടെ സത്തിനെ കുറിച്ച് പറയുന്നത് എന്താണോ അത് ഏകീഭവിച്ചു സുഷൃത്തി വർഷകാലം പറയും കുറച്ചുകൂടെ കിടന്ന് മൂർച്ചയിൽ മരണത്തിലല്ലാം അത് ഏകീഭവിച്ചു ഉപ്പുപ്പായി തന്നെ ഇരുന്നു അതിനൊരു മാറ്റവുമില്ല അത് അപരോക്ഷമായി തന്നെ ഇരുന്നു അത് പ്രകാശിച്ചുകൊണ്ടുതന്നെ ഇരുന്നു വീണ്ടും അത് ജലത്തിലേക്ക് കലർന്നു ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വന്നു അതുകൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം അതുകൊണ്ടാണ് ആ ചുമല ഞാൻ നീ അനുഭവിച്ചു ഒരു മാറ്റവും വന്നല്ല ഉപ്പിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നു പക്ഷെ അവിടെ അതിൻ്റെ പ്രതീതി വേറൊരു തരത്തിലായിരുന്നു കേവല അപരോക്ഷമാണ് അവിടെ ആചമനത്തിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ ഒരു പ്രത്യക്ഷ ഉപ്പകട പ്രത്യക്ഷമായി നമ്മൾ പറയും രണ്ടാമതത് പ്രത്യക്ഷം തന്നെ എന്നാലും ആദ്യത്തെ പ്രത്യക്ഷത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അവിടെ ചക്ഷേന്ദ്രയും കൊണ്ട് അനുഗ്രഹിക്കുക കഴിഞ്ഞു പ്രത്യക്ഷമായി കഴിക്കുക കഴിഞ്ഞു രണ്ടാമത് ആചമനം ചെയ്യുന്നത് ഇവിടെ അതിനറിയണമെങ്കിൽ ഉപായാന്തരത്തെ ആശ്രയിക്കണം സുഷ്ടത്തിയിൽ ഉപായാന്തരമൊന്നും വേണ്ട അത് കേവലം അപരോക്ഷമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് ഭക്ഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഇവിടെ അറിയുന്നത് ജാഗ്രതറിയണം ഉപായാന്തരത്തിലൂടെ അറിയണം അതാണ് അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത് രുചിച്ചോ മണത്തോ എന്തെങ്കിലും ഉപായത്തിലൂടെ അതിനറിയണം ഇവിടെ യത്നം ആവശ്യം പ്രയത്നം ആവശ്യമുണ്ട് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജലത്തിൽ ആ ഉപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ കഴിയുമോ ഇവിടെ ഉപ്പില്ലാതെ ബുദ്ധി അത് അനുവദിക്കുന്നു പറയാം ഇത് ലവണമയം തന്നെ ഈ ജലം ഇത് സന്മയം തന്നെ ഈ ജഗത് എന്നേ അറിയാൻ മറ്റൊരു തരത്തിലെ അവിടെ പിന്നീടൊരു സംശയം പിന്നീട് ഒരു വികല്പം അത് വരത്തില്ല യത്നം വന്നുകഴിഞ്ഞാൽ ഉപായാന്തരത്തിലൂടെ അതിനെ ഗ്രഹിച്ച അവിടെ അനുഭവം എന്ന് പറയുന്നത് അജ്ഞാന സംശയവിവര്യങ്ങൾ നീങ്ങുക പറയുന്ന ഒന്ന് തന്നെ ഇരുളു മാറുക വെളിച്ചം വരിക വെളിച്ചം മാറിയിട്ട് ഇരുള വരുക വെളിച്ചം വന്നിട്ട് കിട്ടിന് നശിപ്പിക്കുക ഇതൊക്കെ താല്പര്യം ഒന്നു ഉള്ളൂ എന്താണ് അവിടെ വെളിച്ചം മാത്രം വിരളില്ല അതുപോലെ ഇത് സ്ഥാമാത്രം ഇതെന്ത് ചെയ്തു ഗുരുവിനും നേരത്തെ അറിയാം ആ ജലത്തിലും ഇപ്പതന്നെ ശിഷ്യനതറിയാൻ വേണ്ടി പരീക്ഷണം വേണ്ടി വേണ്ടി അതാണ് അയാളെ അത് എന്നെവിടെയും സംഭവിക്കുന്നു ഗുരുതരം ബോധിപ്പിക്കുന്നു സദാത്മേകത്വം നിയസത്വമാണ് ശിക്ഷ എന്നെ അവനെ പരീക്ഷിച്ചറിയുന്നു മനനാദികളിലൂടെ അവനെ ബോധ്യപ്പെടുന്നു സർക്കാർ അതിൻ്റെ ആവശ്യം വരത്തില്ല ഇവിടെ ഇങ്ങനെ ജലം കാണുമ്പോൾ അയാൾ നേരിട്ടറിയുന്നു അതിന് പരീക്ഷിക്കേണ്ട അത് ബോധ്യപ്പെടുന്നത് അത് തന്നെ ഒരു സംശയം യത്നം കൂടി ആവശ്യമില്ലാതെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഒമ്പത് തവണ ഇത് ഉപദേശിച്ച് യത്നം ആവശ്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഇതെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക എന്താ ഇതിന്റെ അനുഭവം എന്താണ് ഇത് സാധനങ്ങളെന്നെ ഉപേക്ഷിക്കും പിന്നെ അതിൻ്റെ ആവശ്യമില്ല അനുഭവം എന്താണ് പറയുന്നത് ഇത് പണം തന്നെ അതാണ് അനുഭവം പ്രപഞ്ചം സന്മയമാണ് ചിന്മയമാണ് അത് വിശ്വാസമല്ല ഇവിടെ പിന്നീട് ശേഷിനെ വിശ്വസിക്കേണ്ടി വരുന്നില്ല ഇത്രയും കഴിഞ്ഞതിന് ശേഷമായത് ഉപ്പാണ് പറഞ്ഞാൽ പിന്നെ ഇതിന് വിശ്വസിക്കും അതുകൊണ്ട് ഇവിടെ അനുഭവം എന്ന് പറയുന്നിടത്ത് വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയില്ല വിശ്വാസം എന്ന് പറയുന്നിടത്ത് അനുഭവത്തിന്റെ ന്യൂനതയുണ്ട് സാറിന് നമ്മൾ പറയും എനിക്ക് അനുഭവം വന്നാലേ ഞാൻ വിശ്വസിക്കുന്നത് സാറിന് പറയാറുള്ള കാര്യമാണ് വിശ്വാസം അനുഭവം വരുന്നതുപോലും മതി ഈ കാര്യത്തിൽ അഗ്നി സ്പർശിച്ചു നോക്കുക എന്താണത് ശീതമാണോ ഉഷ്ണമാണോ ഉഷ്ണമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇനി അത് വിശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല അഗ്നിയുടെ ശോഭ കണ്ടിട്ട് കുട്ടിക്ക് അതിനോട് ആകർഷണം അറിയത്തില്ലായിരുന്നു സ്പർശിച്ചു അറിഞ്ഞു അതുവരെ അവന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് ഇത് അഗ്നിയാണ് ഇത് സ്പർശിക്കരുത് ഇത് ഉഷ്ണമാണ് പക്ഷെ അവന് ബോധ്യം വന്നില്ല വിശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷെ ബോധ്യം വന്നില്ല പക്ഷെ സ്പർശിച്ചാലോ അത് വിശ്വാസമില്ല ബോധ്യപ്പെടലാണ് അത് വേറെയാണ് അവിടെ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യം അത് കഴിഞ്ഞ ഒരു വിശ്വാസം അവന്റെ ആവശ്യമുണ്ട് പറഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് അതും വിശ്വാസത്തിൻ്റെ രണ്ടാണ് മാത്രമല്ല വിശ്വാസം ഇപ്പോഴും ആശ്രയിക്കുന്നു മൂഢത്തെ ആശ്രയിക്കുമ്പോഴും വിശ്വാസമുണ്ട് നമ്മളെവിടെ വിശ്വസിക്കുന്നു അവിടെ നമ്മുടെ അജ്ഞാനമുണ്ട് എവിടെ നമ്മൾ അറിയുന്നോ അവിടെ ആ മൂഢ സന്ദശിക്കുന്നു അജ്ഞാനം നശിക്കുന്നു സർവത്ര അതങ്ങനെയാണ് എന്ന് വിചാരിച്ച് വിശ്വാസത്തെ ആശ്രയിക്കരുതെന്നല്ല അതിൻ്റെ ഇവിടെ ശ്രദ്ധേ ഉപായമായിട്ട് പറഞ്ഞു ശ്രദ്ധയിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു സ്ഥലവും ഉണ്ട് പലപ്പോഴും നമുക്ക് വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരും എന്തിന് അറിവിന്റെ ഒരു ഉപായം നന്നാണ് എനിക്ക് ആണെനിക്ക് വിശ്വാസത്തെ ആശ്രയിക്കുന്നത് തെറ്റില്ല പക്ഷെ വിശ്വാസത്തെ ആത്യന്തികമായി നിർവചിക്കുമ്പോൾ അതിന്റെ ഉപാധാനം മൂഢതയാണ് വിവേകമല്ല പക്ഷെ ഒരുവൻ മൂഢതയിൽ നിൽക്കുന്നവന് അജ്ഞാനത്തിൽ നിൽക്കുന്നവന് ആ അജ്ഞാനത്തിൽ നിന്നുള്ള മോചനത്തിന് ശ്രദ്ധയും ഒരു ഉപായമായി നിർദ്ദേശിക്കുന്നു ആ തരത്തിലതിനെ സ്വീകരിക്കണം മറിച്ചാണെങ്കിലും വിവേകത്തിൽ പിന്നീട് മൂഢത്തെ ആശ്രയിച്ചുള്ള ഒന്നും നല്ലതാണ് തന്നെ അതുകൊണ്ടുതന്നെ അവിടെ വിശ്വാസം രണ്ടിനെയും രണ്ടായിത്തന്നെ മനസ്സിലാക്കണം രണ്ടിൻ്റെയും പ്രയോജനവും നിഷ്പ്രയോജനതയും മനസ്സിലാക്കണം വിവേകത്തിൽ വിശ്വാസം നിഷ്പ്രയോജനമാണ് അജ്ഞതയിൽ വിശ്വാസം അനുപേക്ഷണീയമാണ് അനുപേക്ഷിക്കാൻ പറ്റും അതിന് സ്വീകരിച്ചേ പറ്റും അതുകൊണ്ട് പറയും ശ്രദ്ധയോടുകൂടിയും വോട്ട് പോവുക വിശ്വാസത്തോടുകൂടിയും വോട്ട് പോകുക ഇവിടെ അതല്ല വിവേകത്തിൽ സംശയാദികൾ നീങ്ങി പിന്നീട് വിശ്വാസത്തിനൂടെ യാതൊരു അനുഭവമാണ് അതിനാണ് ഉപായന്തിരത്തിലൂടെ അറിയാം രണ്ടു തരത്തിലുപായെന്ന് പറയുന്നത് മനസ്സിലാക്കുക ഒന്ന് ഒരു വസ്തു എങ്ങനെയാണോ അത് ആ രീതിയിൽ അനുഭവപ്പെടുന്നില്ല മറ്റു രീതിയിൽ അനുഭവപ്പെടുന്നു പ്രകാരാന്തര മറ്റൊന്നും ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നതിന് ചിലപ്പോൾ ഉപായാന്തരത്തെ അവലംബിക്കുന്നില്ല അതെല്ലാമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇത് മുക്തബന്ധം തമ്പുവാച പിതാ പുത്രൻ പറഞ്ഞു ശരി എനിക്ക് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു വിഷയത്തെക്കുറിച്ചുള്ള സംശയം തീർന്നു ഇത് ലവണമയം തന്നെ ഉതകം ലവണമൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പറയുന്നു യഥാതം ലവണം ദർശനാഭ്യാം ഗ്രഹീതം നീ ദർശന സ്പർശനത്തിലൂടെ അറിഞ്ഞുതകെനം പിന്നീട് എന്ത് സംഭവിച്ചത് ജലത്തിലേക്ക് വിലയിച്ചുപോയി നീ അറിഞ്ഞിരുന്ന ഉപായങ്ങളിലൂടെ ഇതിനെ അറിയുന്നില്ലെങ്കിലും അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ അറിയുന്ന ഒരുപാട് ഉപായങ്ങളുണ്ട് ദർശന ശ്രവണ സ്പർശനാദി ഒരുപാട് ഉപായങ്ങളുണ്ട് ഈ ഉപായങ്ങളിലൂടെ സത്ത് അസത്തെല്ലാം അറിയുന്നുണ്ട് പക്ഷെ അത് അതിന്റെ പൂർണ്ണതയിലല്ല ഇപ്പോ ഇതിനെ ഇപ്പോഴും ഉണ്ട് സത്തിനറിയുന്ന ഉപകരണങ്ങൾ തന്നെയാണ് ഉള്ളത് കയ്യിലുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അസത്തിനറിയുന്ന ഉപകരണങ്ങളാണ് അങ്ങനെ അതറിഞ്ഞിരുന്നുവെങ്കിലും എന്താണോ അതിൻ്റെ പൂർണ്ണതയിൽ അറിയുന്നുണ്ട് പൂർണ്ണത അറിയാന്ന് പറഞ്ഞാൽ സംശയാദികൾ നീങ്ങി അറിയുന്നില്ല അതാണ് പറയുന്നത് സാഭ്യം അഗ്രഹ്യമാണ് മബി ഇത് വിലീനമായിരിക്കുന്ന ഇതിന് ഈ ഉള്ള ഉപായങ്ങളിലൂടെ അറിയാൻ പറ്റുന്നു സത്തിനെ അറിയുന്നുണ്ട് പക്ഷേ ഗുരു ബോധിപ്പിക്കുന്ന രീതിയിൽ അറിയുന്നില്ല അറിയുന്നതിന് ഈ ഉപകരണങ്ങൾ പര്യാപ്തമല്ല അതാണ് അറിയാത്ത ഒന്നിനും ഇവിടെ ഉപദേശിക്കുകയല്ല ശ്രീ ബ്രഹ്മസൂത്ര നമ്മൾ ചെറുത് ചെയ്ത തുടക്കപ്പെട്ടു ആത്മതത്വം അറിയാത്ത ആത്മതത്വത്തെ ഉപദേശിക്കുകയായിരുന്നു എന്നാ പിന്നെ അറിഞ്ഞതിന് എന്തിനുപദേശിക്കുന്നുള്ള ചോദ്യം വരുമാന സമാനം പറയും ശരി എന്നാൽ അങ്ങനെ സ്വീകരിക്കുക അറിയാത്തതിനെ തന്നെ ഉപദേശം അറിഞ്ഞതിനാത്തതിന് ഉപദേശം എടുക്കുക ഇനി അറിഞ്ഞതിനാണ് ഉപദേശം എന്ന് പറഞ്ഞാലും ദോഷമില്ല അങ്ങനെ സ്വീകരിക്കും അതിന് സാങ്കേതികമായി പറയും അതിന് സാമാന്യമായി അറിയുന്നു വിശേഷമായി അറിയുന്നില്ല എല്ലാം പറയാ എന്തൊക്കെ താല്പര്യമാണ് ഇവിടെ പറയുന്നു മുൻപുണ്ടായിരുന്ന ഉപായങ്ങളിലൂടെ ദർശന സ്പർശനങ്ങളിലൂടെ അഗ്രഹ്യമാണ് മബി വിദ്യദേവ അതവിടെയുണ്ട് സാക്ഷാത് അപരോക്ഷമാണ് അതാണ് വിദ്യദേവ് ലവണമവിടെയുണ്ട് ഉപായാന്തരേണ ജിഹു ഉപലഭ്യമാനത്തുക ജുഹയാ പക്ഷെ മറ്റൊരു തരത്തിൽ ആള് മാറണം ബുദ്ധി മാറണം കണ്ണു മാറണം അപ്പൊ കാഴ്ച മാറണം എന്ന് പറയുന്നത് ജുഹയ ഉപലഭ്യമാനത്തുക അതുകൊണ്ട് അസ്തിത്വത്തിന് മാത്രമല്ല സന്മയം തന്നെ അത്രയും അസ്മിന്നേവ തേജോപന്നാധികാരി ശുങ്കേദേഹി ഇവിടെ വെള്ളത്തിൽ ഉപ്പുണ്ടെന്നല്ല പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രുതി പറയുന്നത് ഈ ദൃഷ്ടാന്തത്തിലൂടെ ഈ യുക്തിയിലൂടെ മനസ്സിലാക്കുക ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അസ്മിൻ നൈവ തേജോപനാദി കരി ഈ ശരീരത്തിൽ ഇത്രയും സംഭവിച്ചിട്ടുണ്ട് അറിയുന്ന ഈ ഉപായത്തിലൂടെ ഇത് സന്മയമാണ് എന്നല്ല മറിച്ച് നശ്വരമാണ് നശിക്കുന്നതാണ് ാണ് ഇത്തരത്തിൽ ഇതിനറിയും മറിച്ച് എന്താണെങ്കിൽ സന്മയമാണ് സത്സ്വരൂപമാണ് നാം ഒരു ഭാഗാത്മകമായിരിക്കുന്ന സർവവും സത്താണ് സത്താത്മാ എന്നറിയുക അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈ ദേഹത്തിലും വാവാ കിലോപദേശ സ്മരണ പ്രദർശനാർത്ഥവും ആചാര്യോപദേശം അതിന്റെ സ്മരണം രണ്ടും അനുസാണ പറ തത്വസ്മരണം ഉപദേശത്തെ സ്മരിക്കാൻ പറ്റുന്നുള്ളോ അത് ഉപദേശിച്ച ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് സ്മരിക്കാൻ കഴിയും ഉറക്കാൻ കഴിയും എങ്ങനെയാണ് ഉപദേശിച്ചത് അതിലെ മാറിയില്ലെങ്കിലും അതിനെ സ്മരിക്കാൻ പറ്റും തത്തുമസി എന്ന് കേട്ടു അതിനെ വീണ്ടും സ്മരിക്കും അതുകൊണ്ടുണ്ടാവേണ്ട ദോഷ നിരാകരണം അതൊന്നും സംഭവിച്ചില്ല എന്നാലും അത് സ്മരിക്കുന്നു ആ ഉപദേശത്തെ സ്മരിക്കുന്നു അപൂർണമായിട്ടാണ് പക്ഷെ അനുഭവം സ്മരണയില്ല ഉപദേശത്തെ സ്മരിക്കും ഇവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് എന്താണോ അത് സ്മരണയല്ല അത് അനുഭവം തന്നെയാണ് അനുഭവത്തെ സ്മരിക്കേണ്ട ആവശ്യവും വരുന്നില്ല നമ്മളെപ്പോഴാണ് സ്മരിക്കുന്നത് ഒരു അനുഭവം ഉണ്ടായി നഷ്ടപ്പെടുമ്പോഴാണ് ഇന്നലെ ആനയെ കണ്ടു ബോധം കുറച്ച് കഴിഞ്ഞ് പല കാര്യങ്ങളും മനസ്സിൽ വന്നാതെ പോയി ഇന്ന് ഇന്നലെ കണ്ടതിനെ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ അപരോക്ഷത എന്ന് പറയുന്നത് ഉണ്ടായി നശിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്മരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അതങ്ങനെയാണ് പക്ഷെ ഉപദേശം അങ്ങനെയാണ് ഗുരുപദേശത്തെ സ്മരിക്കേണ്ടി വരുന്നു അത് ഫലവത്താകുന്നതുവരെ അതിനെ സ്മരിക്കും അതാണ് ശ്രവണാദികൾ തുടരണം ഉപദേശം തുടരണം എന്ന് പറയുന്നത് അതതിനെ സ്മരിക്കാൻ സഹായിക്കുന്നുകൊണ്ടാണ് സത്യജോപന്നാദിശുങ്ക സത്യജോപന്നാദിശുങ്ക അതാണ് ഈ ശുങ്കം ശരീരം അതിന് കാരണമായിരിക്കുന്നത് വടബീജ അണിമവത് ആ വടബീജത്തിന്റെ സൂക്ഷ്മത പോലെ അതുണ്ടവിടെ വിദ്യമാനമേവാ അതുകൊണ്ട് നനസർവു അസദ്രൂപം തന്നെ പക്ഷെ ഇന്ദ്രീകരണ ഉപലബ്ധിത ഈ സ്ഥൂലമായ ഭാഷ്യമായ അസംസ്കൃതമായ മനസ്സുകൊണ്ടും അതിനെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടും അതിനെ ഗ്രഹിക്കാൻ വയ്യ എന്നാൽ നിഭാലയസ്തേ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഗ്രഹിക്കാൻ വയ്യ ഗ്രഹിക്കുന്നില്ലെന്നും പറയാം അവിടെയെല്ലാം ചേർത്തോണം പരമാർത്ഥം പൂർണ്ണം പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറഞ്ഞ രീതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമേവാ വശിഷ്യരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊരു പൂർണതയുടെ അനുഭവമാണ് പൂർണ്ണതയിൽ നിന്ന് ദോഷങ്ങളെല്ലാം മാറിയ അവസ്ഥ എന്ന് പറയാം അന്ന് പൂർണ്ണതയുടെ അനുഭവം എന്ന് പറയുന്നത് ആ രീതിയിൽ നന്ന് പാലയിൽ അത് യഥാ അത്രകെ ദർശന സ്പർശനാഭ്യാം അനുപലഭ്യമാനം ഗുണം വിദ്യമാനം ലിഖുയാൻ അസിടെ തന്നെയുണ്ട് വേറെ ഒരു സ്ഥലത്ത് നിന്നിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇല്ല എന്നതുകൊണ്ട് പറയുന്നു ദർശന സ്പർശനങ്ങളിലൂടെ അനുഭവപ്പെടാത്ത അനുഭവപ്പെടാത്ത ഒന്നിനില്ലെന്ന് പറയാൻ പറ്റും ഇല്ല ലിഖുയാ ഉപലഭ്യമാൻ വിഹേന്ദ്രിയത്തിലൂടെ അത് അനുഭവപ്പെടുന്നു ഇവിടെ ഗുരു ഉപദേശത്തിലൂടെ അനുഭവപ്പെടുന്നു കണ്ണുകൊണ്ട് കാണാൻ വയ്യെങ്കിലും ഗുരുപദേശത്തിലൂടെ എന്നുവെച്ചാൽ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ അത് സാക്ഷാത്കരിക്കുന്നുണ്ട് അതുകെ അങ്ങനെ നിഷേധിക്കാൻ സാധ്യമല്ല അനുഭവപ്പെടാത്തതുകൊണ്ട് അതുകൊണ്ട് ആ ചോദ്യം എന്താണോ താൻ ബ്രഹ്മമാണെങ്കിൽ താൻ ബ്രഹ്മമാണെന്ന് ഇതെല്ലാം സത്താണെങ്കിലും സത്തായി അനുഭവപ്പെടണം അങ്ങനെ എല്ലാ അനുഭവവും അതിനൊക്കെ സമാധാനോടെ പറയുക അത്രയവ വിദ്യമാനം സദ്ജഗം മൂലം ഉപായാന്തരേണ ലവണ അണിമക ഉപലബ്യത ഇതുവകെ ശേഷം അതുകൊണ്ട് അത്രയവ ഈ ഉപദേശ ശ്രവണസ്മരണകളിലൂടെ വിദ്യമാനം സദ്ജഗം ജഗത് മൂലം സത് അത് ഉപായാന്തരേണ് ലപണാധിപതി ലപണാദികളെ പോലെ അത് അനുഭവപ്പെടുന്നുണ്ട്തരം ലപണത്തിനെങ്ങനെയാണ് ഉപായാന്തരത്തെ ഉപയോഗിച്ച് അതുപോലെ ഇവിടെ ശ്രവണാദി സാധനങ്ങളിലൂടെ അത് അനുഭവപ്പെടുന്നു അത് മാറുന്നു ഇതിവാക്യശേഷ എന്നുള്ള കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം സമാനം ബാക്കിയുള്ളതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അനുപലഭ്യമാനമി ജഗന്മൂലം തതുപായാന്തര ഉപലബ്ധി ശക്തി കൃതാർത്ഥദസ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന്റെ ഫലം എന്താണ് കൃതാർത്ഥത കൃത കൃത്തിയതാ കൃതാർത്ഥത അനുഭവമേ ഉണ്ടാകത്തുള്ളൂ അനുഭവം സംശയാദികളും മാറുന്നതാണ് സൂര്യന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ് മേഘം മാറുന്നതാണ് വേദൊന്നുമില്ല ആകാശം മൂടിക്കെട്ടിയിരുന്നാൽ സൂര്യന്റെ അനുഭവമില്ല എന്റെ സൂര്യന്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മേമാർ അവിടെ എന്ത് ചെയ്യുന്നു ചക്ഷിരേന്ദ്രിയും കൃതാർത്ഥമായി ആ ചക്ഷിരേന്ദ്രിയം എന്തിനു വേണ്ടിയുള്ളതാണ് അതിനെ കാണാനുള്ളതാണ് പ്രകാശത്തെ സാക്ഷാത്കരിക്കാനാണ് ചക്ഷിന്ദ്രിയതിനു മറ്റെന്തെങ്കിലും ഉപയോഗം കണ്ടിട്ടുണ്ടായിരുന്നോ ശബ്ദസ്പർശരസഗന്ധങ്ങളെ സാക്ഷാത്കരിക്കാനുള്ളതാണോ അല്ല ദക്ഷിണത്തിന്റെ ഒരേ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതിനെ സാക്ഷാത്കരിക്കാണ്ടാണ് പ്രകാശത്തെ സാക്ഷാത്കാരം ഈ മനസ്സിൻ്റെയും ഒരേ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ആ സത്തിന്റെ വേണ്ടിയാണ് അതുകൊണ്ടാണ് മനസ്സ് സദാസത്തിനെ സാക്ഷാത്കരിക്കുന്നത് സർവത്ര സദാനുഭവങ്ങൾ ഗീതയിൽ അത് ചർച്ച മനസ്സ് സർവത്ര അതിനു കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരിക്കലും ഇതിവിടെ തടസ്സം വരുന്നു കാറുംകോളും വന്നു കഴിഞ്ഞാൽ അവിടെ സൂര്യനുണ്ട് സൂര്യന്റെ പ്രകാശമുണ്ട് പക്ഷെ എന്നാലും ഒരു തടസ്സം അവിടെ നിങ്ങൾ പറയും ആ പ്രകാശം പൂർണ്ണമല്ല മറ മാറിയ സൂര്യന്റെ പ്രകാശമുണ്ട് അതുപോലെയാണ് ഇവിടെ എന്താണ് മനസ്സ് അതിനെ സത്തനെ സാക്ഷാത്കരിക്കുന്നത് പക്ഷെ ആ മറ മാറുന്നു ഇത്രയും മേഘമൊന്നും മറിഞ്ഞും പ്രകാശം കാണാതിരിക്കും പ്രകാശം നമ്മൾ പറയും ഇരണ്ട പ്രകാശം മറയുള്ള പ്രകാശം അത് തന്നെ ഇവിടെയും മനസ്സ് അത് സ്വയം മറയാ കണ്ണിന് തന്നെ തിമിരം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും കണ്ണിന് കണ്ണ് തന്നെ മറയാവും വേറെ വരും മറേണ്ട ആവശ്യമില്ല അത് തന്നെ അതുവരെ പ്രകാശിച്ചുകൊണ്ടിരുന്ന അതുതന്നെ അതിന് മറിയുണ്ടാവില്ല അത് മാറ്റം ഇവിടെയാണെങ്കിൽ കണ്ണുണ്ട് സൂര്യനുണ്ട് തിമിരമുണ്ട് അല്ലെങ്കിൽ മേഘമുണ്ട് ബലതുണ്ട് സത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല സത്തിന്റെ സാക്ഷാത്കാരമാണ് മനസ്സിന്റെ ജോലി പക്ഷെ ആ മനസ്സ് തന്നെ എന്ത് ചെയ്യുന്നു അതിനൊരു മറയുണ്ടാകും മനസ്സുണ്ടാക്കുന്ന മറയാണ് നമ്മൾ പറയുന്ന ജ്ഞാന സംശയം പരിയങ്ങളെന്നെല്ലാം പറയുന്ന മറ മറ കൊണ്ട് ഇതിനെ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും അത് പ്രത്യക്ഷമാകുന്നുണ്ട് പ്രകാശിക്കുന്നെങ്കിലും അവിടെ ഇരുളിന്റെ അനുഭവം പ്രകാശത്തിൽ ഇരുളിന്റെ അനുഭവം അതാണ് മേഘമെന്ന് സൂചന മറച്ച ഇരുളിൽ പ്രകാശത്തിന്റെ അനുഭവം പ്രകാശത്തിന്റെ ഇരുടെ അനുഭവം രണ്ടുമുണ്ട് അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അജ്ഞാനത്തിൽ ആത്മപ്രകാശം ആത്മപ്രകാശത്തിൽ അജ്ഞാനം ഇതിങ്ങനെ വരാൻ പാടില്ല തലർന്നു വരാൻ പാടില്ല കോർഷകാലം പറഞ്ഞു സത്യ അനുദയോർ മിഥിനീ നിരത്തിയ മിഥുനീകരണമെന്ന് അവിടെ നമ്മൾ ചിരളും വെളിച്ചവും കൂടിക്കൽപ്പത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതുകൊണ്ട് സത്യം ഒരിക്കലും അകന്നുപോകുന്നില്ല സത്യത്തിന്റെ പ്രകാശം സദനുഭവം അതില്ലാതാകുന്നില്ല എന്നാലും അവർ പോരായ്മ അതുകൂടി മാറിക്കിട്ടണം മേഘം കൂടി മാറിക്കിട്ടണം പൂർണ്ണതയിൽ പ്രകാശിക്കുന്നു അതാണ് ഉപായാന്തരം അതിനാ അതുകൊണ്ടാണ് ഇതൊക്കെ ആവശ്യമായി വന്നത് എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെ ഞാൻ മുമ്പ് പറഞ്ഞത് മേഘം മാറിക്കഴിഞ്ഞാൽ ചക്ഷേന്തിനെയും ചരിതാർത്ഥമാകും അതിൻ്റെ ജോലി പൂർണ്ണമായി പൂർണ്ണപ്രകാശത്തെ ഗ്രഹിച്ചാൽ അതാണ് അതിനു വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഈ മറ മാറുമ്പോൾ മനസ്സ് കൃതാർത്ഥമാകും എന്തിനു വേണ്ടിയാണോ അതിനെ സൃഷ്ടിച്ചത് അക്കാര്യം നിറവേറ്റിയത് ചരതാർത്ഥമാണ് അതാണ് കൃതാർത്ഥതാന്ന് കൃതാർത്ഥതാന്ന് പറയുന്നതാണ് അനുഭവം മനസ്സിൻ്റെ അനുഭവമാണ് നേടേണ്ടത് നേടിയെന്നുള്ള അനുഭവം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അനുഭവം ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ട് അവശേഷിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഫലവും ആത്മവിദ്യയുടെ ഫലവും ഈ ഭ്രാന്തിമാറി ഭ്രാന്തമായി ഇതിന്റെ എല്ലാം ഭിന്നാനുള്ള ഈ ഓട്ടം അത് അവസാനിക്കും ഓട്ടം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇനി പറയും ഭ്രാന്തി ചിലപ്പോൾ ഓട്ടം തുടർന്നുകൊണ്ടേ അതിനെ കുറിച്ച് ഭാഷകാലം ചർച്ച ഓട്ടം അവസാനിക്കേണ്ട കാര്യം പ്രപഞ്ചം പ്രാപഞ്ചികമായ വിഷയങ്ങൾ പ്രാപഞ്ചികമായ കർമ്മങ്ങൾ അതിനെ സംബന്ധിച്ചൊന്നും അവസാന വാർത്ത ആർക്കും പറയാൻ പറ്റത്തില്ല അത് എല്ലാം അതിൻ്റേതായ നിയമം അനുസരിച്ച് നടന്നുകൊണ്ടേയില്ല അതിനെ നിശ്ചയിക്കുന്നതിന് അതിൻ്റെതായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അത് അതിന്റേതായ നിയമത്തിലെല്ലാം സംഭവിക്കും പക്ഷെ അവിടെ ഈ അറിവുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് കൃതാർത്ഥ എന്ന് പറയുന്നത് അനുബലംബാസ് അകൃതാർത്ഥ അഹം തസൈവലബ്ധു ഇതുപലംഭ കൃതാർത്ഥദസുപലബ്ധി എന്ന് പറയുന്ന കൃതാർത്ഥതയാണ് അല്ലെങ്കിൽ പിന്നെ ഈ വിദ്യ കൊണ്ട് എന്താ പ്രയോജനം ഇതിലെന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ ഉറക്കം പോലെ ഇരിക്കാനാണെങ്കിൽ പിന്നെ വിദ്യയുടെ ആവശ്യം ഉറങ്ങിയാൽ മതി അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത് എന്താണോ ഉറങ്ങിയാൽ പോരെ അവിടെ ഏകീഭവനമുണ്ടല്ലോ പോരാ എന്തുകൊണ്ട് ഉണർന്നേ പറ്റും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വന്നേ പറ്റൂ അപ്പോൾ ഉണരുമ്പോ ഉറക്കത്തിൽ നിന്നും വ്യത്യസ്തമായി ഒന്ന് അവിടെ അനുഭവപ്പെടണം അതിനാണ് കൃതാർത്ഥത എന്താണ് ആ കൃതാർത്ഥത ഈ അജ്ഞാന സംശയങ്ങൾ മാറിയിരിക്കുന്ന അവസ്ഥ ുദ്ധിയുടെ തെളിച്ച് കണ്ണിന്റെ കൃതാർത്ഥത അവിടെ കണ്ണിന് ഒരു മറവ് വന്നു ഇവിടെ അത് മാറുന്നു ആ മറവുടെ അജ്ഞാന സംശയങ്ങളാണ് അത് മാറുന്നു അത് മാറുമ്പോൾ അവൻ കൃതാർത്ഥത അനുഭവിക്കുന്നു പൂർണ്ണപ്രകാശത്തെ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് അവിടെ മനസ്സിൽ കൃതാർത്ഥത അനുഭവിക്കുന്നു ഇനി കർത്തിവമായിട്ടൊന്നും ശേഷിക്കുന്നില്ല കർമ്മമോ ജ്ഞാനമോ ഭക്തിയോ യോഗമോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല അത് കൃതാർത്ഥയാണല്ലോ അതിന് വരുന്ന ആത്മതൃപ്തി വിസ്വാത്മര ജീവസ് ആത്മതൃപ്തസ്ഥ മാനവ ആത്മനൈവജസന്തുഷ്ട സസ്യ കാര്യം എന്ന വിദ്യത എന്നൊക്കെ അവിടെ ചർച്ച ചെയ്തത് ഇതാണ് ആ കൃതാർത്ഥത്തെ കുറിച്ചാണ് തത്വമസിയുടെ ഫലമായി പറയുന്നത് അല്ല തത്വമസി കാണാതെ വിളിച്ച് ചർച്ച ചെയ്ത് വിദ്വാനാവാൻ വേണ്ടിയല്ല ഭാഷകാരം പറയുന്നത് അതിന്റെ പ്രാപ്തിയിൽ കൃതാർത്ഥ്യ മറിച്ചാണെങ്കിൽ അവൻ കൃതാർത്ഥനാകുന്നത് അതില്ലെങ്കിൽ പിന്നെ ശാസ്ത്രം ഭാരമാണ് കൃതാർത്ഥത ഇതിലൂടെ തന്നെ ഉപദേശത്തിലൂടെ തന്നെ അത് സംഭവിക്കുന്നു ശ്രുതിയുടെ ഉപദേശത്തിലൂടെ ഉപദേശത്തിലൂടെ അല്ലെങ്കിൽ ഉപദേശം വെറും ജഡമായ ശാസ്ത്രം അതുകൊണ്ട് പ്രയോജനമില്ലാതെ അഹം തസേ ഉപലബ്ധൂപ്പ ഉപായത് ഭൂയൈവമാ ഭഗവാൻ വിജ്ഞാപയതു ദൃഷ്ടാന്തന തഥാസൗമ്യൂവാച ഇവിടെ ഇപ്പോൾ ശ്രവണമാണ് ശ്രവണമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ വരുന്നുണ്ട് മനന നിധ്യാസനങ്ങളെല്ലാം ശ്രവണത്തിന്റെ ശ്രവണം തന്നെയാണ് ഒരിടത്തിരുന്ന് ശ്രവണം ചെയ്യുക വേറിടത്ത് പോയി മനനം ചെയ്യുക പിന്നെ ഗുഹയിൽ പോയിരുന്ന് നിര്തിക്കുക അങ്ങനെയൊന്നും ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ അതല്ല സംഭവിക്കുന്നു ഇവരും കേൾവി മാത്രമായപ്പോലെ അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് തസീമോപലബ്ധ ഉപായ എന്താണ് പ്രായം ആ ശ്രവണം എങ്ങനെ മനനമായി മാറുന്നു അതെങ്ങനെ നിര്ദ്ധ്യാസനമായി മാറുന്നു അതാണല്ലോ അവസാനം ഇപ്പൊ ശ്രവണം മനന നിധ്യാസനത്തിലൂടെ സാക്ഷാത്കാരമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം വിശദീകരിക്കും സോ കേൾക്കുന്നവന് ഞാനിത് കേൾക്കുന്നു എന്നുള്ളതേ ആ കേൾവിയിൽ തന്നിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിന്റെ വിശദീകരണങ്ങളാണ് മനനനിധ്യാസനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളുദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധി പരിശീലിക്കുന്നതെന്ന് പറഞ്ഞു അതാ സാധാരണ സംഭവിക്കുന്നത് നമ്മളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മളെന്നെ അറിയാറില്ല ആ സംഭവിക്കുന്നതിന്റെ വ്യാഖ്യാനമാണ് മനണനിധ്യാസനങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ചോദിക്കുന്നു ഭഗവാൻ വിജ്ഞാപേതു ഇനി വീണ്ടും ഇതിനെ വിശദമാക്കണം ദൃഷ്ടാന്തി ശരി അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് വിശദീകരിക്കും എങ്ങനെയാണ് ഗുരുവിൻ്റെ അന്ധകരണം ശ്രവണമനേധാസനങ്ങളിലൂടെ കടന്നു പോകുന്നത് അത് വിശദീകരിക്കാം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്